ശിയാവിൻ്റെ പുസ്തകം അൻപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനും ആയവൻ അരളി ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടു വസിക്കുന്നു നാം പല ദൈവവചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു ബ്രദറ് പറഞ്ഞപ്പോഴും ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് പല കാര്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി ഇവിടെ പറയുന്നത് ദൈവം വസിക്കുന്നത് താഴ്മയുള്ളവരുടെ മനസ്സിന് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോട് കൂടെ വസിക്കുന്നു എന്ന് നമുക്ക് പരിചയമുള്ള ഈ വാക്യത്തിൽ നാം വായിക്കുന്നത് നമ്മൾ പലപ്പോഴും ഈ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് നമ്മൾ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോഴൊക്കെ ഇവിടെ യാക്കോമിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നത് ആകെയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം വചനത്തെക്കുറിച്ച് പറയുന്നത് അവിടെ അത് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതാണ് അത് ഉള്ളിൽ നട്ട് നമ്മെ ആ രീതിയിൽ ഉള്ളിൽ നിന്ന് നമ്മെ മാറ്റുന്ന ദൈവവചനമാണ് അഴുക്കും ദുഷ്ടതിൽ ആധിക്യവും വിടുവാൻ വിടുവിക്കുവാൻ അതിന് ശക്തിയുണ്ട് പക്ഷേ അവിടെ പറയുമ്പോൾ അതിൻ്റെ അവസാനം പറയുന്നത് അങ്ങനെയുള്ള വചനം സൗമ്യതയോടെ കൈക്കൊള്ളുകയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ വചനം വായിക്കുമ്പോൾ ഞാൻ വചനം കേൾക്കുമ്പോൾ അതെനിക്ക് പ്രയോജനപ്പെടണം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ ഈ ഒരു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാസം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു ഒരു ക്രിയ എൻ്റെ ഹൃദയത്തിൽ നടക്കണം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ക്രിയ എൻ്റെ ഹൃദയത്തിൽ നടക്കണമെങ്കിൽ എനിക്ക് ഈ ഒരു മനോഭാവം നമ്മൾ യശുവിൻ്റെ പുസ്തകം അൻപത്തി ഏഴാം അധ്യായത്തിൽ വായിച്ചത് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച ആ സൗമ്യതയുടെ അല്ലെങ്കിൽ മനസ്താപത്തിൻ്റെ മനോവിനയത്തിൻ്റെ ഒരു ആത്മാവോടുകൂടെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെ വചനത്തിന് നമ്മോട് വളരെ പെട്ടെന്ന് ക്രിയ ചെയ്യാനായിട്ട് പറ്റും അവൻ എനിക്ക് സന്തോഷം തോന്നി നമ്മുടെ ദൈവവചനം കേട്ടു കേട്ടപ്പോൾ നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് മറ്റ് ജാടകളോ നാട്ട്യങ്ങളോ ഒന്നും ഇല്ല എഴുന്നേറ്റ് എൻ്റെ എനിക്ക് ഈ ദൈവവചനം എന്നോട് സംസാരിച്ചു എനിക്ക് ആവശ്യമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടെ നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു മനോഭാവത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ വരുമ്പോൾ നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവെ എനിക്ക് നിർമ്മലതയുടെ കാര്യത്തിൽ എത്രയധികം കർത്താവ് എനിക്ക് മുമ്പോട്ട് വരാനായിട്ടുണ്ട് എത്ര മേഖലകളിൽ കർത്താവ് എൻ്റെ മനോഭാവങ്ങളിൽ എൻ്റെ ചിന്തകളിൽ എൻ്റെ വാക്കുകളിൽ എൻ്റെ ഇടപെടലുകളിൽ കർത്താവെ എവിടെയൊക്കെയാണ് എവിടെയെങ്കിലും കറ എവിടെയാണ് കർത്താവെ എനിക്ക് കുറച്ചുകൂടെ എനിക്ക് വെളിച്ചം തരണമേ പല കാര്യങ്ങളിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്ത് നമ്മളെ തഴമ്പിച്ച് പോയി നമുക്ക് വെളിച്ചം പോലും ലഭിക്കുന്നില്ല കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് മനോവിനത്തോടെയുള്ളൊരു ആത്മാവോട് കൂടെ സൗമ്യതയുള്ളൊരു ആത്മാവോടു കൂടെ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ദൈവം നമ്മെ അവിടെ സഹായിക്കും അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥന ദൈവത്തിലുള്ള ആശ്രയം കർത്താവെ ഞാൻ എത്ര മേഖലകളിലാണ് കർത്താവെ നിന്നെ ആശ്രയിക്കാതെ ഞാൻ എൻ്റെ സ്വന്തം വിലത്തിൽ ഊന്ന് ഞാൻ മുമ്പോട്ട് പോയത് അങ്ങനോട് ക്ഷമിക്കണമേ കർത്താവെ എനിക്ക് പ്രാർത്ഥനയുടെ അതിൻ്റെ മണിക്കൂറുകളുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറത്ത് അങ്ങയിലുള്ള ഒരാശ്രയബോധം ഓരോ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു കർത്താവ് എനിക്കത് നൽകണമേ എനിക്കതിൽ കുറവ് കുറവുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ശക്തി ശക്തിയുടെ അഭാവം കർത്താവ് പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുന്നു ചില സമയങ്ങളിലൊക്കെ ഞാൻ ഭീരുവായി പോകുന്നു ചില സമയങ്ങളിൽ എനിക്ക് ഒരു നിലപാടെടുക്കാനായിട്ട് പറ്റുന്നില്ല കർത്താവെ അല്ലെങ്കിൽ പല സമയങ്ങളിലും ഞാൻ എൻ്റെ തന്നെ ശക്തിയിൽ ഞാൻ ഊന്നുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ എന്നിൽ ആവസിക്കുന്നില്ല നമ്മൾ രണ്ട് ഗുരുന്തീർ പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് ശക്തിയെക്കുറിച്ച് അവിടെ പറയുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി എവിടെയാണ് വില വെളിപ്പെടുന്നത് ശക്തി വെളിപ്പെടുന്നത് രണ്ട് കുരിന്തീർ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നത് ബലഹീനതയിൽ എൻ്റെ ബലഹീനതയിൽ എനിക്ക് എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ എൻ്റെ കുറവിനെക്കുറിച്ചുള്ള ബോധ്യത്തിൽ അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു പലപ്പോഴും ഞാൻ എന്നിൽ തന്നെ ശക്തനായിരിക്കുന്നു കർത്താവെ എനിക്ക് യഥാർത്ഥത്തിലുള്ള ശക്തി എന്താണ് എന്നെനിക്ക് തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ സ്തുതിയുടെ ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് ഇപ്പോഴും എനിക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ചില പെറുപുറുപ്പുണ്ട് മുറി എനിക്ക് വരുന്നു ചില ഡിമാൻഡുകളുണ്ട് ചില കംപ്ലയിൻറ്റുകളുണ്ട് കർത്താവെ എന്നെ സഹായിക്കണമേ കർത്താവ് എന്നെ എനിക്ക് വെളിച്ചം തരണമേ അങ്ങനെ നമ്മൾ ഒരു ശിശുവിൻ്റെ മനോഭാവത്തോടു കൂടെ സൗമ്യതയുടെ ആത്മാവോടെ മനോവിനയത്തോടെ ഒരു ഹൃദയ ദുറുക്കത്തോടെ ചെല്ലുമ്പോൾ ദൈവവചനത്തിന് വളരെ എളുപ്പത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വസിക്കുവാനായിട്ട് കഴിയും ദൈവവചനത്തിന് എളുപ്പത്തിൽ നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുവാനായിട്ട് കഴിയും ആ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ഉള്ളിലുള്ള ദുഷ്ടതയുടെ ആധിക്യത്തെ നീക്കുവാനായിട്ട് കഴിയും എന്നാൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പരീശന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം അവർ എല്ലാ വചനവും അവർ വായിക്കുമ്പോഴും എല്ലാ പ്രസംഗിക്കുമ്പോഴും അവർക്ക് അതായത് അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല അതായത് ഞാൻ ഏറ്റവും പെർഫെക്റ്റ് ആണ് എന്നുള്ള ഒരു ബോധ്യത്തിലായത് അതുകൊണ്ടാണ് യേശുവിനോട് അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നിയത് യേശു ഏറ്റവും കൂടുതൽ എതിർത്തതും ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്തതും ഏറ്റവും കൂടുതൽ ശക്തമായി സംസാരിച്ചതും ഈ പരീഷന്മാർ ഇപ്പോൾ ഇന്ന് നമ്മളിതുപോലെ ഒരു സന്ദേശം നിങ്ങൾക്ക് നിർമ്മൽ നിർമ്മലതയുള്ളവരായിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം നിങ്ങൾക്ക് ശക്തിയുള്ളവരായിരിക്കണം നിങ്ങൾ സ്തുതിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കുള്ളൊരു പരീക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാലഘട്ടത്തിലെ പരീക്ഷൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയും ഈ സന്ദേശത്തിനായിട്ട് ഞാൻ നന്ദി കരയറ്റുന്നു ഇത്രത്തോളം എനിക്ക് നിർമ്മലത ദൈവം തന്നതിന് എനിക്ക് ദൈവത്തിൻ്റെ സ്തോത്രം ഇത്രത്തോളം പ്രാർത്ഥിക്കുന്നവനാക്കി എന്നെ മാറ്റിയതിന് ദൈവത്തിൻ്റെ സ്തോത്രം ഇത്രത്തോളം ശക്തിയുള്ളവനാക്കി എന്നെ മാറ്റിയതിന് ദൈവത്തിൻ്റെ സ്തോത്രം ഇത്രത്തോളം സ്തുതിക്കുന്നു അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ് നമ്മൾ ലുക്കോസ് പതിനെട്ടിൽ നമ്മൾ വായിക്കുന്നത് ലുക്കോസ് പതിനെട്ടിന് പാ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ട് വിധവയെക്കുറിച്ച് ബ്രദർ വായിച്ചു അപ്പോൾ വായിച്ചതിൻ്റെ തൊട്ട് അടുത്ത ഭാഗത്ത് അവിടെ ചുങ്കക്കാരനും പരീശനും പ്രാർത്ഥിക്കാനായിട്ട് ചെന്നതിനെക്കുറിച്ചാണ് നമ്മളവിടെ വായിക്കുന്നത് അപ്പോൾ അവിടെ ആ പരീശൻ നിന്നുകൊണ്ട് അവന് പതിനൊന്നാം ബാക്കി മുതൽ തൻ അവൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ അവൻ തന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഞാൻ ഈ പിടിച്ചവർക്കാർ നീതികെട്ടവർ വ്യഭിചാരികൾ മുതലായ ശേഷ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകിയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു അപ്പോൾ അവന് അവൻ്റെ ചുറ്റിനും കാണുന്ന കാര്യങ്ങൾ അവൻ കേൾക്കുന്ന കാര്യങ്ങൾ അവൻ വായിക്കുന്ന കാര്യങ്ങൾ അവൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവനെ ഒഴിച്ച് അവനെ ചുറ്റിനുമുള്ള ആളുകളെ നോക്കുമ്പം അവരുടെ കുറവുകളെ കണ്ട് ഞാനങ്ങനെ അല്ലായകയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു ഒരിക്കലും തൻ്റെ കുറവിനെക്കുറിച്ച് അവന് ബോധ്യം ലഭിക്കുന്നില്ല തന്നെ അവന് കാണാനായിട്ട് പറ്റുന്നില്ല അവനെപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്നവനാണ് മറ്റുള്ളവരുടെ കുറവുകളെ കാണുന്നവനാണ് അങ്ങനെയുള്ള ഈ ചുങ്കക്കാരവർ അത് കഴിഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞപ്പോൾ അവൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ അപ്പോൾ തന്നെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ അവൻ അവിടെ അവൻ പുഴുന്നത് അവിടെ പറയുന്നത് പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നു ആഴ്ചയിൽ രണ്ടു വട്ടം ഞാൻ ഉപവസിക്കുന്നു നേടുന്നതിലൊക്കെയും ഞാൻ പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു അവൻ്റെ ആത്മീയമായി അവൻ ചെയ്ത കാര്യങ്ങളും അവൻ്റെ സ്തുതി നമ്മൾ മത്തായി ഇരുപത്തി മൂന്നിൽ യേശു ക്രിസ്തു ശക്തമായിട്ട് ഈ പരീക്ഷന്മാരെ ശാസിക്കുമ്പോൾ മത്ത ഇരുപത്തി മൂന്നിൽ അവിടെ നമ്മൾ വായിക്കുന്നത് അവർ വീഥികളിൽ നിന്നുകൊണ്ട് അവർ പ്രത്യേക വസ്ത്രം ധരിച്ച് പ്രത്യേക തൊങ്ങലൊക്കെ ഇട്ട് അവർ മറ്റുള്ളവർ കേൾക്കേ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കാനും അവരാഗ്രഹിക്കുന്നവരായിരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള ഒരു പരീശൻ ഒരുപക്ഷേ ഇന്നിവിടെ ഇല്ലായിരിക്കാം എന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു സൗമ്യതയുടെ ആത്മാവും ഈ ഒരു മനോവിനയവും ഈ ഒരു ഹൃദയ നുറക്കവും നഷ്ടപ്പെട്ട് ദൈവവചനത്തിന് നമ്മിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഉള്ളത്തിലേക്ക് രക്ഷിക്കാൻ കഴിയാതെ അത് എന്നെക്കുറിച്ചല്ല അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ചിന്തയിലേക്ക് നമുക്ക് പോകുവാനായിട്ട് കഴിയും ഇവിടെ ഈ പരീക്ഷനെക്കുറിച്ച് പറയുന്നവൻ തന്നെത്താൻ തന്നോട് തന്നെ പ്രാർത്ഥിച്ചു എന്നാണ് അപ്പോൾ ഈ ഒരു മനോഭാവത്തിൻ്റെ പുറകിലുള്ള ഒരു അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കത് രണ്ട് ഗുരുതീർ പത്താം അധ്യായത്തിലൊരു വാക്യമുണ്ട് രണ്ട് കുരുന്തീർ പത്താം അധ്യായം അവിടെ രണ്ട് കുരുതീർ പത്താം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ആണ് അതിങ്ങനെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു തങ്ങളെ തന്നെ ശ്ലാഘിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്ത് ഒരുമിക്കുവാനോ ഉപമിക്കുവാനോ തുനിയുന്നില്ല അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നത് തിരിച്ചറിവ് ഉള്ളവരല്ല ഇവിടെ പറയുന്ന പോലൂസഫസുലൻ പറയുമ്പോൾ അവരോട് പറയുന്നത് അവർ തങ്ങളിൽ തന്നെ ശ്ലാഘിക്കുന്നു അതുമാത്രമല്ല അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുന്നു അവർ തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഏറ്റവും വലുത് അവരെപ്പോഴും അവരോട് ഒരു സെൽഫ് കൺഗ്രാ കൺഗ്രാജുലേറ്ററി മോഡിലാണ് ആ കൊള്ളാം നീ കൊള്ളാം നീ നിന്റെ പ്രാർത്ഥന കൊള്ളാം നിന്റെ പ്രസംഗം കൊള്ളാം നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊള്ളാം അപ്പൊ നീ സ്റ്റാൻഡേർഡ് അപ്പൊ നീ എല്ലാം നീ എല്ലാം ശരിയാണ് അപ്പൊ നിന്റെ തരത്തിന്റെ കുറവിൽ അത് അത് അത് കുറവാണ് അത് കുറവാണ് ഇത് കുറവാണ് അങ്ങോട്ട് നോക്കുമ്പോഴും അത് നിന്റെ തരത്തിന്റെ അത് കുറവാണ് അത് കുറവാണ് ഇവര് കുറവാണ് അവർ കുറവാണ് നമുക്ക് നമ്മളെ കാണാനേ പറ്റുന്നില്ല തങ്ങളെ തന്നെ ശ്ലാഖിച്ച് തങ്ങളോട് തന്നെ ഉപമിച്ച് മറ്റുള്ളവരെ വിധിക്കുന്ന ഇതൊരു ഒരു പരീശൻ്റെ ഏറ്റവും വലിയ ഒരു മനോഭാവമാണ് അപ്പോൾ യേശു ക്രിസ്തു ഏറ്റവും നിശിതമായി വിമർശിച്ചതും ഏറ്റവും അധികം എതിർത്തതും ഈ ഒരു മനോഭാവത്തോടാണ് നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ കേൾവിയുടെ മുമ്പാകെ നമുക്ക് സൗമ്യതയുടെ ആത്മാവോടെ വന്ന് കർത്താവെ എൻ്റെ ഉള്ളത്തിൽ നിന്ന് എനിക്കുള്ള എല്ലാ വിധയ്ക്കുന്ന മനോഭാവവും മാറ്റി കർത്താവ് നമ്മൾ പർവ്വത പ്രസംഗത്തെക്കുറിച്ച് പരാമർശിച്ചല്ലോ പർവ്വത പ്രസംഗത്തിലും കർത്താവ് പറയുന്ന ആ ഒരു വാക്യം അത്ര ഈ ഏഴാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെയാണ് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാൽ സ്വന്തം കണ്ണിലെ കോലോർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്ത കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല് നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ അപ്പോൾ ഈ അന്ന് ആ കാലത്തിലുണ്ടായിരുന്ന ഈ പരീശന്മാരൊക്കെ അവർ അവരെക്കുറിച്ച് ഒന്നും കാണാതെ മറ്റുള്ളവരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കപടഭക്തിക്കാരെ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുക്കുക പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയുവാൻ നിനക്ക് വെടിപ്പായി കാണും എന്ന് പറയുന്നു നമുക്ക് ആ ഒരു മനോഭാവത്തോടെ കർത്താവെ എൻ്റെ കണ്ണിലെ കോൽ കാണുവാൻ എൻ്റെ ഉള്ളിലെ കർത്താവേ നാം കേൾക്കുന്നത് യുവജനത്തിന് മുമ്പാകെ എൻ്റെ ജീവിതത്തിലെ കുറവുകളെ കാണുവാൻ ആ കുറവുകളെ കറക്റ്റ് ചെയ്യുവാൻ എന്നെ അങ്ങ് സഹായിക്കണമേ താഴ്മയും നുറുക്കവും ഉള്ള ഒരു ഹൃദയത്തെ അങ്ങ് നൽകണമേ കർത്താവേ മനോവിനയത്തെ എനിക്ക് നൽകണമേ കർത്താവേ എന്നിലുള്ള അശുദ്ധിയെ എനിക്ക് കാണിച്ചു തരണമേ കർത്താവേ എന്നിലുള്ള പ്രാർത്ഥനക്കുറവിനെ എനിക്ക് കാണിച്ചു തരണമേ കർത്താവേ എന്നിലുള്ള യഥാർത്ഥത്തിലുള്ള ശക്തിയുടെ അഭാവത്തെ എനിക്ക് കാണിച്ചു തരണമേ എന്നിലുള്ള കർത്താവെ യഥാർത്ഥത്തിൽ അങ്ങേ സ്തുതിക്ക് മഹത്വവും സ്തുതിയും പുകഴ്ചയും അങ്ങേക്ക് കരയറ്റാത്തത് എനിക്ക് കാണിച്ചു തരണമേ എന്ന് പറഞ്ഞ് നമുക്ക് സൗമ്യദ്ര ആത്മാവോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ഭജനത്തിന് നമ്മൾ ക്രിയ ചെയ്യുവാനായിട്ട് കഴിയും ദൈവത്തിന് വസിക്കുവാനായിട്ട് കഴിയും ദൈവത്തിന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും ആ ഒരു പ്രവൃത്തി ദൈവം എന്നിലും നമ്മിലും ദൈവം ചെയ്യട്ടെ അവ